ശരീരാത്സമത്ഥ്യോതിരുവസംവർ സ്വയ രുപേണ അഭിഷ്പമ പുരുഷ സ തേതി കീടൻ രമമാണ സ്മരൻ ഇരീരം പ്രയോഗ്യുക്വായസ്മരീരേ പ്രാണോയുക്സാദൻ ം ചെയ്ത് പരം ജ്യോതിഷൻ പ്രാപിക്കുന്നു അത് രണ്ടുതരത്തിലും ഭാഷിക ഉപാസകന്മാരുടെ ഫലം ഈശ്വസത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് കർമ്മം കേവല കർമ്മം കേവല ഉപാസന കർമ്മ ഉപാസന അതിന്റെ എല്ലാം ഫലങ്ങള് എല്ലാം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫലം കർമ്മനാപിത്ര ലോക ദേവലോക എന്നൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്ത അതനുസരിച്ചുള്ള ഫലങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് അതിൽ പ്രാണൻ ഉത്ക്രമിച്ച് ഇത്തരം ലോകങ്ങളെ നാം പ്രാപിക്കുന്നു അവിടെ സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കുന്നു അത് ഇത് രണ്ടു തരത്തിലും യോജിപ്പിക്കുകയാണ് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണോ സരിയതിൽ തന്നെ സ്ഥിതനായിരിക്കുന്നു ഞാൻ പോകുന്നില്ല വരുന്നില്ല ഈ ഭോഗങ്ങളെ കുറിച്ചോ അനുഭവങ്ങളെ കുറിച്ചോ എല്ലാം പറഞ്ഞതാ അത് ആ സർവ സർവാത്മ താതാന്ത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ വിദ്വാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തന്നെ ധന്യമല്ല അതുകൊണ്ട് ഭൗതികമായി ഇതിനൊന്നിനും പ്രാപിക്കുന്നില്ലെങ്കിലും അവൻ സർവത്തെയും പ്രാപിച്ചവനാണ് ഇവിടെ ഉപാസകന അങ്ങനെയല്ല ഇങ്ങനെയെല്ലാം ഭൗതികമായി പ്രാപിക്കുന്നു ആ ലോകത്ത് പോകുന്നു അവിടെ എല്ലാം അനുഭവിക്കുന്നു തത്വൻ അങ്ങനെയല്ല അവിടെ പോക്കുവരവൊന്നുമില്ല തത്വത്തിൽ സർവാത്മകനായിരിക്കുന്നു അതും അങ്ങനെയുള്ള ബോധം ഇവിടെ തത്വ നിഷ്ഠനെ കുറിച്ച് പറയുമ്പോ മുമ്പ് പറഞ്ഞു പ്രഭാഗങ്ങളും പറയാറുണ്ട് നന്യ ശ്രമോതി നന്യ വിജാനാദി നന്നു കഥ മേക്കുകാദി കാമാ ലോകികാന് പശ്യൻ രമത്തെ ഇതിജ വിരുദ്ധം അദ്വൈതത്വത്തെ വിശദീകരിക്കുമ്പോ അത് ശ്രുതി നേരിട്ട് പറയുന്നിടത്ത അതിനനുസരിച്ച് ഭാഷകാലം പറയുന്നിടത്താലും അതിന് വിശദീകരിക്കുന്നിടത്താനുസരി പ്രഥമദൃഷ്ടിയിൽ നമുക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ തോന്നും ഇന്നലെ പറഞ്ഞല്ലോ ഇന്ന് പറയുന്നു തോന്നുന്നു അവിടെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അത് അത് ഈ വിശദീകരണത്തിലും ശ്രുതിയിലും ആ വൈദ്യമുണ്ടല്ലോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ പറയുന്ന ഏകനാണ് ആത്മാസൻ നാന്യോതി ഏകനാണ് പിന്നെ ഒന്നിനെയും കാണുന്നില്ല കേൾക്കുന്നില്ല എന്തുകൊണ്ടെങ്കിലും പറയുന്നു കാണാനും കേൾക്കാനും പറ്റുന്നില്ല ശരി സാമാന്യ ജീവന്മാരെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു അതിന് സമാനം പറയാം എന്താണ് വെള്ളാജ്ഞാനം കൊണ്ട് മായമുണ്ട് അവദ്യമുണ്ട് എന്നെല്ലാം പറയാം പക്ഷെ വിദ്വാനെ സംബന്ധിച്ച് എങ്ങനെ ഉണ്ടാകും ജക്ഷൻ കിരീടൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഇത് ഒരു തത്വചനെ സംബന്ധിച്ച് എങ്ങനെ സംഭവിക്കും കാരണം മുഖ്യ സിദ്ധാന്തം എന്താണ് ഏകമാണ് അദ്വൈമാണോ നാനാസ്തികഞ്ചന അദ്വൈതത്വം മുഖ്യ സിദ്ധാന്തമായി സ്വീകരിക്കും പിന്നീട് ഈ വേണ്ടാത്തതൊക്കെ അതി സ്വീകരിക്കും കേൾക്കുമ്പോ ഒരു വൈരുദ്ധ്യം തോന്നും സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നതെല്ലാം ഇത് ഒരു ഭാഗത്ത് പറയും അടുത്തെന്താണ് കാമാംശ്രാമൗകൻ വേറെടുത്ത് പറയുന്നു കാമങ്ങൾ കാമ്യ വിഷയങ്ങൾ ബ്രാഹ്മലൗകാൻ ബ്രഹ്മലോകത്തിലുള്ള അത് അറിയുന്നു അനുഭവിക്കുന്നു പശ്ചിന്ത രമത്തെ വിധിജ വിരുദ്ധം ഇതിലെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണല്ലോ അങ്ങനൊന്നു പറയും അതാണ് തത്വജ്ഞാനത്തിന്റെ പ്രത്യേകത ഇത് തത്വജ്ഞാനത്തിൽ മാത്രമേ ഇത് പറയാൻ കഴിയൂ പറയാൻ കഴിയത്തില്ല ഒരാൾ പറയുന്നു ഞാൻ സമാധിയിൽ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു സമാധിയിലാണ് സമാധിയിൽ എന്താ ചെയ്യുന്നത് ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അയാളുടെ കർമ്മങ്ങൾ ചലിക്കുന്നില്ല മനസ്സേന്ദ്രിയങ്ങളൊന്നും ചലിക്കുന്നില്ല ഒന്നും അറിയുന്നില്ല ബ്രഹ്മത്തെ അല്ലാതെ ഏകമായ ബ്രഹ്മത്തെ മാത്രം അറിയുന്നു അവിടെ ഇത് ചോദിക്കും നാന്യ പശ്ചിതി നാന്യ ശ്രണോതി അത് ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചു സമാധി പക്ഷെ ഇവിടെ അതെന്നാ പറയുന്നത് ബ്രഹ്മലോകത്തിലുള്ള ഭോഗങ്ങളെ അനുഭവിക്കുന്നതാണ് ഇത് ഇത് അങ്ങനെ ശരിയാകും സമാധി സ്ത്രീകൾ ജ്ഞാതികൾ ഇങ്ങനെ ഓരോന്നും എടുത്തു പറയുന്നതൊക്കെ അനുഭവിക്കുന്നു ഇതിന്റെ വിരുദ്ധം തത്വജ്ഞാനത്തിൽ ഇതെങ്ങനെ ശരിയാകുന്നു യഥയോഗി ഇതാരെ കുറിച്ചാണ് പറയുന്നത് ഒരു തത്വജ്ഞാനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അയാൾ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്നു ഒന്നും അറിയുന്നില്ല ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നൊക്കെ പറയും സലങ്കാരികമായി പറയാ ഇനി പറയുന്നു അയാൾ എല്ലാ അസുഖങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ബ്രഹ്മലോകം വരെയുള്ള അസുഖങ്ങൾ അതാണ് യസ്മിൻ നീവക്ഷണി പശ്ചിരി ഏതൊരു ക്ഷണത്തിലാണ് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തസ്മിൻ നൈവക്ഷണല്ല പശ്ചിതി അസുഖം അയാളൊന്നും ഇതെങ്ങനെ പരസ്പര വിരുദ്ധം പറയുന്ന ദ്വീതത്തിൽ സമാനം പറയുന്നു മേശദോഷ ദോഷ പരിഹൃതത്വ അതാണ് ശ്രുതിയെ കുറിച്ച് ചിന്തിക്കുമ്പോ ശ്രുതിന്റെ ഒരു ഭാഗത്തെ ഇങ്ങോട്ട് അടർത്തി എടുത്തിട്ട് അത് മാത്രം ചിന്തിക്കുന്നു സപരിഹര ബ്രഹ്മവിദ്യ എന്ന് പറയും സാറാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോ കേവലം ശുഷ്ടമായ തത്വജ്ഞാനം മാത്രമാണ് നിരസമായ അതിനോട് ചേർന്ന് ഒരുപാട് കാര്യങ്ങളായിരുന്നു ശ്രുതി ഏതെങ്കിലും ഒരു ശ്രുതിവാക്യം മാത്രമല്ല പ്രമാണം ാനിക്കുന്ന ഒരു ശ്രുതി പറയുന്ന വിരുദ്ധം ഒന്ന് വേറെ ശ്രുതി തോന്നും അതാണ് ഭക്ഷ്യകാരൻ സമന്വയ അധ്യായത്തെ സമന്വയിപ്പിക്കുക പരസ്പര വിരോധം തോന്നുന്നതിനൊക്കെ സന്വയിപ്പിക്കുക അത് വിരോധം തോന്നി കഴിഞ്ഞാലും അതിനെന്താ പരിഹാരം അതിന് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും അങ്ങനെ വരുമ്പോ തത്വത്തിന് ഒരിടത്തും വൈരുദ്ധ്യമുണ്ടക്രിയകളിൽ വികാര രീതികളിൽ വൈരുദ്ധ്യം വരും ഒരു ശ്രുതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിരോധം തോന്നിക്കഴിഞ്ഞാൽ മറ്റൊരു ശ്രുതിയിൽ അതിന് സമാധാനം ഉണ്ടായിരിക്കും ഭാഷയത്തിനും അങ്ങനെ വിശദീകരണങ്ങളും അങ്ങനെ അങ്ങനെയാണ് പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കേട്ടിട്ട് അതിനെ എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളതിനെ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് വിരുദ്ധമായ കാര്യമാണ് പല തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ പ്രതിപാദിക്കുമ്പോ ഓരോ തലവും മനസ്സിലാക്കാത്തവർക്ക് എന്റെ പരസ്പരം ഇവർക്ക് തോന്നുന്നു പശ്ചിന്മി എന്തെങ്കിലും വൈരുദ്ധ്യം തോന്നിയെങ്കിൽ ബൃഹധാരണത്തിൽ അത് പരിഹരിച്ചിട്ടുണ്ട് പശ്യന്നേ ഭവതിന്റെ ദൃഷ്ടി ബലധാരണത്തി പറയുന്ന ദൃഷ്ടാവിന്റെ ദൃഷ്ടി എന്ന് പറയുമ്പോ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ദൃഷ്ടാവെന്ന് പറഞ്ഞാൽ കാണുന്നവൻ അവന്റെ ദൃഷ്ടി കണ്ണു ഇതാണ് സാധാരണ നമുക്ക് തോന്നുന്ന അർത്ഥം അതിനൊരിക്കലും വിപരിലോകം മാറ്റം വരുന്നില്ല രൂപാന്തരം ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ണു നശിച്ചു പോകാറുണ്ട് അന്ധനാകാറുണ്ട് കണ്ണും നശിക്കാറുണ്ട് അതുകൊണ്ടിവിടെ മനുഷ്യർ എന്താണ് ദൃഷ്ടാവിന്റെ ആണെന്നവന്റെ വാസ്തവ ദൃഷ്ടി പരമാർത്ഥദൃഷ്ടി അതെന്താണ് ഇതിന്റെ സ്വരൂപമായിരിക്കുന്ന ദൃഷ്ടി ഏതൊരു സ്വരൂപത്തിലാണോ ഇതെല്ലാം പ്രകാശിക്കുന്നത് അതാണ് ദഷ്ടാവിന്റെ ദൃഷ്ടി ദാവിന്റെ സ്വരൂപമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ അനുഭവത്തെ നേരെ തിരിച്ചു വെച്ചാൽ അത് അദ്വൈതമായി അതുകൊണ്ടാണോ ഇതിന് ഈ അനുഭവത്തെ വിപരീയം എന്ന് പറയുന്നത് വിപരീം വെച്ചാൽ നേരെ മറിച്ചാൽ ദൃഷ്ടി എന്നുള്ളതോട് ഉദ്ദേശിക്കുന്ന അറിവാണ് സർവത്തിനെയും സർവപ്രപഞ്ചത്തെയും ശബ്ദസ്പർശങ്ങളെല്ലാം അറിവിൽ വിഷയമാക്കും അറിവുകൊണ്ടറി പുസ്തകത്തെ കുറിച്ചുള്ള അറിവ് മേസയെ കുറിച്ചുള്ള അറിവ് വീടിനെ കുറിച്ചുള്ള അറിവ് അറിവിന് അതുകൊണ്ട് വിഷയരൂപത്തിൽ സർവജ്ഞ അറിയും പക്ഷെ അവിടെ നമ്മളറിയുന്നില്ല അറിവാണ് ദൃഷ്ടി നമ്മളറിയുന്നതിന് വേണ്ടി മനസ്സിനെ ആശ്രയിക്കുന്നു കർണങ്ങളെ ആശ്രയിക്കുന്നു തക്ഷിരാത് ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നു പക്ഷെ അവിടെ നമ്മളറിയുന്നില്ല എന്താണോ ഈ പ്രക്രിയ അറിയുന്നവൻ അറിയുന്നതിനുള്ള കർണങ്ങൾ റിവിന്റെ വിഷയം ഇവയുടെ പരസ്പര ബന്ധം ഇതിലൂടെ നമുക്കുണ്ടാകുന്ന അറിവ് നനത്വബോധം ഇതെന്താണോ ഈ ദൃഷ്ടി സ്വരൂപത്തിൽ പ്രകാശിക്കുന്നതാണോ പ്രകടമാകുന്നതാണോ നമ്മൾ അറിയേണ്ടത് ഇത് ദൃഷ്ടിയെ കുറിച്ച് അതുപോലെ തന്നെ സത്തനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു മേശമുണ്ട് വസ്തുവുണ്ട് നമ്മുടെ സാമാന്യ അനുഭവം ഇത് വാസ്തവത്തിൽ അദ്വൈത പക്ഷെ ചെറിയൊരു വ്യത്യാസത്തിൽ എന്താണോ നമ്മൾ ഓരോ വസ്തുവിലും ആ സത്തയെ ഉമ്മയെ അനുഭവിക്കുന്നുണ്ട് തന്നിനും അനുഭവിക്കുന്നുണ്ട് സത്തയിൽ ഭേദത്തെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് സർവത്ര സത്യ അനുഭവിക്കുന്നു പക്ഷേ ആ വിഷയങ്ങളിലല്ല സത്ത സത്തയിലാണ് വിഷയങ്ങളെന്ന് തിരിച്ചറിയുന്നത് മറിച്ചറിഞ്ഞ സത്തയെ ആശ്രയിച്ച വിഷയങ്ങൾ പ്രകാശിപ്പിക്കുന്നു ബാഹ്യമായ വിഷയത്തെ അറിവ് പ്രകാശിപ്പിക്കുകയാണ് ദൃഷ്ടിയെ ആശ്രയിച്ച വിഷയങ്ങൾ നിൽക്കുന്നു അതുപോലെ സത്യം ആശ്രയിച്ച വിഷയങ്ങൾക്കൊക്കെ ആശയം ആനന്ദത്തെ ആശ്രയിച്ച് സൃഷ്ടി സംഭാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ തിരിച്ചടാറ ഇതാണ് തത്വബോധം അദ്വൈതം ബോധിപ്പിക്കുന്ന ബോധം നമ്മുടെ സാമാന്യ അറിവിനൊരു ചെറിയ ചെറിയ ഒരു തിരുത്തൽ ആ ദൃഷ്ടിയെ കുറിച്ചാണ് ഇവിടെ ഈ പ്രപഞ്ചത്തിന് ആധാരമെന്ന് ശ്രുതി പറയുന്നത് സച്ചിദാനന്ദം അത് അറിയാതെ അജ്ഞമായി ഇരുന്നുകൊണ്ട് ആധാരമാകുകയില്ല സദാ പ്രകാശിച്ചുകൊണ്ട് സദാ ജേയമായിരുന്നു കൊണ്ട് പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നതാണ് അതാണ് ദൃഷ്ട ആ ദൃഷ്ടിക്ക് മാറ്റം വരുന്നില്ലല്ലോ എന്തുകൊണ്ട് മാറ്റം വന്നില്ലെങ്കിൽ അവിനാശിത്വാ അതുകൊണ്ട് എന്താണ് പശ്യൻ ദേവഭവതി ഒരു ഭാഗത്തിന് സമാധാനം പറയുകയാണ് തത്വജ്ഞൻ ബ്രഹ്മലോകത്തെയും സ്വർഗലോകത്തെയും ദേഹലോകത്തെയും എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞാൽ തത്വസ്വരൂപമായി തൻ പ്രകാശിക്കുന്നു എന്നാണ് എന്റെ താല്പര്യം പശ്യൻ എന്ന് പറഞ്ഞത് നമ്മൾ കാണുന്നു എന്നുള്ള അർത്ഥത്തല്ല തത്വത്തിന്റെ അപരോക്ഷത എന്ന് പറയുന്നത് വിവര വിഷയ അപരോക്ഷം പോലെ നമ്മൾ സാധാരണ പറയുന്നൊരു ദൃഷ്ടാന്തങ്ങളും അവിടെ യോജിക്കത്തില്ല നമ്മൾ സാധാരണ പറയാറുള്ള പ്രസിദ്ധമായ ദൃഷ്ടാന്തങ്ങൾ എന്താണ് പഞ്ചസാര അത് അതിനെ കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ അതിനുഭവം എന്ന് പറയാൻ പറ്റ പക്ഷെ പഞ്ചസാര കഴിക്കണം കഴിക്കുമ്പോ എന്തെങ്കിലും ഒരു അനുഭവമായി അതാണ് അനുഭവം മറ്റെന്താണ് അതിന് നമ്മൾ അതിനെ പറഞ്ഞിരിക്കുന്നു ഒന്ന് പരവക്ഷം മറ്റൊന്ന് പ്രത്യക്ഷം പഞ്ചസാര എന്ന് കേൾക്കുമ്പോണ്ട് അതിനു പരവക്ഷം പഞ്ചസാര അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവ് അപരോക്ഷം കാരണം പറഞ്ഞു വരുന്ന ഒന്നാണ് അദ്വൈതത്തിന് ഇത് പറയാറ് വേറൊരു ഉദാഹരണം കുറച്ചുകൂടി വ്യക്തമായ ഉദാഹരണം പറയുക അഗ്നിയെ കുറിച്ചുള്ള അറിവ് അപരോക്ഷം അറിയുന്ന അഗ്നിന്ന് അഗ്നി സ്പർശിക്കുന്നുണ്ടാകുന്ന അറിവ് അപരോക്ഷം ഇത് കേവലം ദൃഷ്ടാന്തത്തിന് മാത്രം യോജിക്കുന്ന ഒന്നാണ് ഇവിടെ ദൃഷ്ടാവിന്റെ ദൃഷ്ടി പശ്യൻ എന്നും പറയുമ്പോ അവിടെ വരുന്ന അപരോക്ഷത ഈ തരത്തിലല്ല ഇവിടത്തെ പരോക്ഷതയും അപരോക്ഷതയും എന്താ വ്യത്യാസം പരോക്ഷം എന്ന് പറയുമ്പോ ആ ഇന്ദ്രിയങ്ങളും ആ വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടായില്ല പഞ്ചസാര ഭരണിക്കാത്തിരിക്കുന്നു അതിന്റെ നാവിൻ വന്നില്ല അതാണ് പരോക്ഷം അതിന്റെ നാവിൻ തുമ്പിൽ വരികയും അതും ആ പരോക്ഷതക്കെന്തു വേണം ഇന്ദ്രിയങ്ങളെല്ലാം സക്ഷമമായിരിക്കണം മകനെന്തെങ്കിലും അസുഖം വന്നു ഇന്ത്യയും പ്രവർത്തിക്കുന്നില്ല പഞ്ചസാര അവിടെ വന്നിട്ടും പ്രയോജനമില്ല മനസിന്റെ സാന്നിധ്യം വേണം പ്രതിബന്ധങ്ങൾ പാടില്ല കാമല ദോഷം മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ അവനും മധുരമായി അനുഭവപ്പെടുത്തില്ല പൈപ്പായി അനുഭവപ്പെടും പ്രതിബന്ധങ്ങളാണ് മാത്രമേ പഞ്ചസാരയും വിഷയവും ഇന്ദ്രിയവുമായിട്ടുള്ള സംസാരം കൊണ്ട് അപരോക്ഷതെന്ന് അനുഭവപ്പെടുത്തുള്ളൂ അപരോക്ഷത എന്ന് പറയുന്നത് എന്താണ് സംസർഗം കൊണ്ട് വരുന്ന അനുഭവമാണ് ഇവിടെ പശ്യൻ ദക്ഷിന്നെല്ലാം പറയുമ്പോ അത്തരത്തിലുള്ള ഒരു അപരോക്ഷതയാണ് ആ അപരോക്ഷതയെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത് യും പശ്യൻ എന്ന് പറയുകയും ചെയ്യുന്നു പരോക്ഷം അപരോക്ഷം തുടങ്ങിയ വിഷയങ്ങളെ നമ്മളെ ലൗകികമായ അനുഭവം പ്രാപഞ്ചികമായ അനുഭവം ഇവിടെ ചോദ്യം ചോദിക്കുന്നത് അങ്ങനെ പഞ്ചസാരയെ അനുഭവിക്കുന്നത് പോലെ ഒരു അനുഭവം അല്ലെങ്കിൽ അഗ്നിയെ അനുഭവിക്കുന്നത് പോലെയുള്ള അഗ്നിയുടെ ഉഷ്ണം പ്രകാശം ഇതിനെയൊക്കെ അനുഭവിക്കുന്നത് പോലെ സേന്ദ്രിയമായ അനുഭവം അതായത് ഇന്ദ്രിയങ്ങളുടെ ബന്ധത്തോടു കൂടി ഒരു അനുഭവം അത്തരം അനുഭവം നമുക്ക് പരിചയമുള്ളൂ അല്ലാതെ ഏതനുഭവം പരിചയമുള്ളൂ ഇന്ദ്രിയങ്ങളും മനസ്സും വിഷയങ്ങളും ചേരാത്ത ഒരു പ്രത്യക്ഷ നമുക്ക് ഉണ്ടായിട്ടില്ല അങ്ങനൊരു പ്രത്യക്ഷ അനുഭവത്തെ ആണ് അനാദിയായി ജീവൻ പരിശീലി പരിശീലിച്ചിരിക്കുന്നത് ആ അനുഭവത്തിൽ ഇന്നുകൊണ്ടാണോ ചോദിക്കുന്നത് നിങ്ങൾ ഒരിക്കൽ കാണുന്നു എന്നു പറയുന്നു പിന്നെ ഒന്നും കാണുന്നില്ലെന്നും പറയുന്നു ഇതെങ്ങനെ ശരിയാകുന്നു ഇവിടെ പറയുന്ന ദൃഷ്ടി അല്ലെങ്കിൽ പശ്യൻ എന്ന് പറയുന്നതിന് പഞ്ചസാരയും അഗ്നിയും ഈ ഉദാഹരണങ്ങളൊന്നും യോജിക്കുന്നല്ല ഇതെന്ന അപര്യാപ്തമാണ് ഇവിടെ ആത്മാവിന്റെ അപരോക്ഷത എന്ന് പറയുന്നത് പഞ്ചസാരയെക്കുറിച്ചുള്ള കേട്ടറിവും പിന്നീട് വരുന്ന അനുഭവിച്ചറിയും പോലെയല്ല അഗ്നിയെക്കുറിച്ചുള്ള കേട്ടറിവും പിന്നീട് സ്പർശിച്ചുള്ള ഉഷ്ണാനുഭവം പോലെയല്ല പ്രകാശത്തെക്കുറിച്ച് അന്ധൻ കേട്ടറിയുകയും ദർശന ഭാഗ്യമുണ്ടാകുമ്പോൾ അറിയുന്നത് പോലെയല്ല ഇവിടെ എല്ലായിടത്തും ദോഷം ഒന്നാണ് അവിടെ മനസ്സുകൾ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ ഇതിന്റെ എല്ലാം സംസർഗം കൊണ്ട് അന്ധക്കണ്ണത്തിൽ ഉണ്ടാകുന്ന അനുഭവത്തെ കൂടെ പറഞ്ഞു ഇവിടെ നിർവിഷയമായ ആത്മാവിനെ സ്വരൂപഭൂതമായ ഇരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ച് അതിനെ വിഷയമാക്കുന്ന പഞ്ചസാരയും അഗ്നിയെയും എല്ലാം വിഷയമാക്കിയതുപോലെ അതിനെ വിഷയമാക്കുന്ന ഒരാറിവുണ്ടാകത്തില്ല കേവലം അറിവായി ചെയ്യേ അതറിവായി പ്രകാശിക്കുക അതിന് മറ്റും വിഷയം ആകുന്നതിനുള്ള അതിനു വിഷയമാക്കാനൊന്നും അങ്ങനൊരു സാധ്യത അവിടെയില്ല അത് സ്വയം അപരോക്ഷമാണ് സാക്ഷാത് അപരോക്ഷ അതുകൊണ്ടാണ് അതിനെന്തൊരു വിഷയം എന്തൊരു വിശേഷം എന്നെല്ലാം പറയുന്നു അതുകൊണ്ട് പഞ്ചസാര അനുഭവിച്ചതുപോലെ ആർക്കും അത് അനുഭവിക്കാൻ പറ്റത്തില്ല അതിന് പരോക്ഷം അപരോക്ഷം എന്നുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാരണം ലൗകികമായ ഒരു അനുഭവങ്ങളെയും അത്തരം അനുഭവങ്ങളെയും നമുക്ക് പല പരിചയമുണ്ട് പ്രത്യക്ഷമായ അപരോക്ഷമായ ഒരു അനുഭവങ്ങളെയും താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുന്ന അങ്ങനെ താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുമ്പോ ഈ സംശയം ഉണ്ടാവും ഈ പറയുന്നതിന് വൈരുദ്ധ്യം ഉണ്ടെന്ന് അതിനെ കാണുന്നില്ല എന്നതുകൊണ്ട് പറയുന്നു നാന്യം പശ്യതി നാന്യം സുനോദി നാന്യം വിജാനാദി എന്ന് പറയുന്നത് ഒരു പഞ്ചസാരയുടെ മധുരം പോലെയല്ല അഗ്നിയുടെ ഉഷ്ണം പോലെയല്ല ഇത്തരം അനുഭവങ്ങൾ പോലെയല്ല എന്ന് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ദൃഷ്ടാന്തങ്ങൾ നമ്മൾ സ്വീകരിക്കും ചർച്ച ചെയ്യാം അത് ഈ പരോക്ഷ പരോക്ഷ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അല്ലാതെ അതിന് സമാനമായ ഒരു അനുഭവം ഇന്ദ്രിയജന്യമായ പ്രത്യക്ഷം അതുപോലെ ഒരു പ്രത്യക്ഷ ആത്മാവിനെ സംബന്ധിച്ച് ഉണ്ടാകും അർത്ഥത്തിലല്ല അതിനു പറയുന്നത് അതിനെ അറിയുന്നില്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് പലരുടെയും മഹാത്മാക്കളുടെ വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോ അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാൻ നമ്മളങ്ങനെ ധരിച്ചു ഒരാളോട് ഈശ്വരനെ കാണാമെന്ന് ചോദിച്ചു ഉടനെ ഒരു ഗുരു പറഞ്ഞു ഈശ്വരനെ കാണാമെന്ന് ഉടനെ അയാൾ ഈശ്വരനെ കണ്ടു ഇതൊക്കെ കേൾക്കുമ്പോൾ സാമാന്യ മനസ്സിലുണ്ടാകുന്നു പഞ്ചസാര അനുഭവിച്ചതുപോലെ ഈശ്വരനെ അനുഭവിച്ചു എന്നാണ് എന്നാ പിന്നെ നമുക്കും അതാകാം കുറച്ചുകൂടി മധുരമുള്ളതായിരിക്കും അതിനൂടെ നിഷേധിക്കുന്നു എന്താണ് നന്ദി പശ്ചരി ലേകമാണ് അതാണ് സത്യം നിങ്ങൾ പിന്നെ രണ്ടാമതായി ഒന്നിനെ അനുഭവിക്കാൻ എന്താണ് ആരനുഭവിക്കുന്നു അനുഭവിക്കുന്ന വിഷയം ഏത് അനുഭവം നിൽക്കും ഈ ത്രിപുടിക്ക് ആത്മാവിനെ നിലനിൽപ്പില്ല എന്നാൽ അത് കേവലം അനുഭവ സ്വരൂപവുമാണ് എന്താണ് അന്യത് പശ്ചിതി അന്യത് സമോദതി എന്ന് ധരിക്കുന്നുണ്ടല്ലോ ആ ധാരണ നിരാകരിക്കാൻ വേണ്ടിട്ടാണ് തത്വം ഈ നിരാരം ണങ്ങളിൽ അവശേഷിക്കുന്നു അതാണ് അതീറ്റ് പഞ്ചസാരയുടെ അനുഭവം പോലെയുള്ള ഒരു അപരോക്ഷത അവിടെയില്ല പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് പറഞ്ഞോ നിങ്ങളിത് പറയുന്നുണ്ട് നിങ്ങളൊക്കെ പ്രസംഗിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് ആത്മാവിന്റെ അനുഭവം ഉണ്ടോ ധൈര്യമായിട്ടും പറയാം ആത്മാവിന്റെ അനുഭവം ഇല്ല ആത്മാവിന്റെ അനുഭവം ഇവർ ആർക്കും ഉണ്ടായിട്ടില്ല ഇനിയിട്ടുണ്ടാകാനും പോകുന്നില്ല എന്തുകൊണ്ട് അത് ഏകമാണ് അതിനെ അനുഭവം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നില്ല ഇവിടെ അനുഭവത്തിന്റെ വിഷയമായിട്ടുള്ള ഒരു ആത്മാവില്ല ഇതിനെങ്ങനെ ആത്മാവിന്റെ അനുഭവം ഉണ്ടാകും പക്ഷെ ഈ കാണുന്ന നാമരൂപങ്ങളുടെ അനുഭവങ്ങൾ നിരന്തരം ഉണ്ടാകുമ്പോ ഇവിടെ തന്നെ അനുഭവം പല കാര്യങ്ങളും ഉണ്ട് അതുപോലെ അനുഭവം ഒരു വിഷയമാണല്ലോ ആത്മാവ് അതിനെ ഇതുപോലെ അനുഭവമാക്കിക്കൂടെ എന്നുള്ളൊരു സംശയത്തിൽ നിന്നാണ് ഈ ചോദ്യം രൂപത്തെ കാണുമ്പോലെ രസത്തെ കാണുന്നതുപോലെ സ്പർശത്തെ കാണുന്നതുപോലെ ഇനി എന്തുകൊണ്ട് അനുഭവിച്ചു അത് അതിന്റെ സ്വഭാവമല്ല ഇതിന്റെ സ്വഭാവമാണ് അനുഭവ വിഷയമാകുക എന്ന് പറയുന്നത് ശബ്ദ സ്വരസ്വരൂപരസഗന്ഥങ്ങളുടെ സ്വഭാവമാണ് അത് അനുഭവ വിഷയമാകും ആത്മാവിന്റെ സ്വഭാവം അതല്ല അത് കേവലം അനുഭവ സ്വരൂപമാണ് ആവർത്തിച്ച് അവിടെ അതാണ് എന്നാണ് പറയുന്നത് ഇവിടെ തന്നെ ഇപ്പൊ പറഞ്ഞു ബ്രഹ്മലോകത്തെ അവൻ സുഖങ്ങളെ അറിയുന്നു ഇന്ദ്രലോകത്തിലെ സുഖങ്ങളെ അറിയുന്നു ഇന്ദ്രൻ അനുഭവിക്കുന്നതും ബ്രഹ്മലോകത്തുള്ളവർ അനുഭവിക്കുന്നതൊക്കെ അവൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നത് പശ്ചിമ ഭഗവതി അവൻ സ്വയം ദൃഷ്ടസ്വരൂപമാണ് ജ്ഞാനസ്വരൂപമാണ് സത്സ്വരൂപമാണെന്നോ ആനന്ദ സ്വരൂപമാണെന്നോ എങ്ങനെ വേണോ പോലെയാണ് സ്വയം ആ സ്വരൂപമായിരിക്കുകയാണെങ്കിൽ തസ്യഭാഷ സർവ ഇതം വിഭാദി അവന്റെ പ്രകാശം കൂടെ സർവവും പ്രകാശിക്കുന്നു സൂര്യന്റെ പ്രകാശത്തിൽ സർവവും പ്രകാശിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് അതാണ് നേരത്തെ കുറഞ്ഞൊന്ന് തലതിരിച്ചു വച്ചാൽ നമ്മൾ സർവത്ര വിഷയത്തിൽ ഉണ്മ അനുഭവിക്കുന്നു വിഷയത്തിൽ ആനന്ദത്തെ അനുഭവിക്കുന്നു ഗ്രഹിക്കുന്ന അറിവിന് നമുക്ക് പരിചയമുണ്ട് ഇത് നേരെ മറിച്ചാണ് തത്വം എന്താണ് ഉണ്മയിൽ സർവ്വം പ്രകാശിക്കുന്നു സത്തിൽ സർവം പ്രകാശിക്കുന്നു ആനന്ദത്തിൽ സർവം പ്രകാശിക്കുന്നു അറിവിൽ സർവവും നാമരൂപാത്മകമായ സർവവും പ്രതീതമാകുന്നത് തിരിച്ച് അതാണ് ഇവിടെ പറയുന്നത് അറിവിലാണിതെല്ലാം പ്രതീതമാകുന്നതെങ്കിൽ അതിനാണ് ഇവിടെ പറയുന്നത് സുപ്തസ്യം മോക്ഷധിഷ്ഠാന തത്വ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള മോക്ഷത്തിന് ദൃഷ്ടാന്താണ് വ്യാഖ്യാനത്തിൽ വ്യാഖ്യാനാണോ ചിലരെങ്കിലും ധരിച്ചിരിക്കും മോക്ഷത്തിന് ദൃഷ്ടാന്ത സുഷുപ്തിയോ എന്താണോ അവിടെ ആ ഏകനായ സ്വയം പ്രകാശിച്ചുകൊണ്ടിരുന്നു ജാഗ്രത അതേ ഏകനായ അറിവ് തന്നെ സർവത്തെയും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ വ്യത്യാസമുണ്ട് മുക്തിയും ബന്ധുവും തമ്മിൽ ഈ വ്യത്യാസമുണ്ട് ഇവിടെ നമ്മൾ ഭ്രമിക്കുന്ന എന്താണോ ആ മുക്തി അത് മറ്റൊരവസ്ഥയാണ് ഈ ജാഗ്രത ഇത് വേറൊരവസ്ഥയാണ് ആ ബ്രഹ്മത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് തൊട്ട് മുമ്പ് ശ്രീ പറഞ്ഞത് ഉത്തമ പുരുഷ വ്യക്തവും അവ്യക്തവുമായ രണ്ട് നിലകളിൽ ആരാ കൂടെ സ്ഥിതി ചെയ്യുന്നത് സ്വപ്നൻ വേറെ സ്വപ്നം കാണുന്നതിന് വേറെ അങ്ങനെയാണല്ല ഒരു ഉത്തമ പുരുഷൻ ചതുർത്ഥൻ തുലീയൻ എന്ന് പറയുന്നു ഈ ബോധത്തിന് വേണ്ടിയിട്ടാണ് തത്വജ്ഞാനത്തിന്റെ ആവശ്യം മറിച്ച് ആത്മാവിനെ ക്ഷയമാക്കാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ഈ ദൃഷ്ടി ജാഗ്രത്തിനും സ്വപ്നത്തിനും ശ്രുതിയിലും ഏകരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൃഷ്ടി ഇതിന് മാറ്റം അതുകൊണ്ട് പറയാൻ തണവൻ സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നു സർവത്വം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് തത്വദൃഷ്ടാണ് അതാണ് പരമാർത്ഥം അല്ലാതെ ഈ പറയുന്നവൻ ഇതിനെയെല്ലാം വിഷയരൂപത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുണ്ടാകും അസാധ്യമല്ല എന്നുകൊണ്ട് അവന്റെ കർമ്മങ്ങൾക്ക് പരിമിതി ഉണ്ട് വിദൂരമായിരിക്കുന്നതിന് അവന് പ്രകാശിപ്പിക്കാൻ പറ്റില്ല വിവഹിതമായിരിക്കുന്നതിന് പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല ഭൂതത്തെ ഭാവിയെ സൂക്ഷ്മത്തെ ധൃഹത്തായ ഒന്നും അവന് എന്തുകൊണ്ട് അവൻ ഭരണങ്ങളെ ആശ്രയിക്കുന്നു മനസ്സിനെ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നു അതിനൊരുപാട് പരിമിതികളുണ്ട് ഉപാധികളെല്ലാം പരിമിതികളുള്ളതാണ് അങ്ങനെ ഒരു സർവജ്ഞത്വൻ ഇവിടെ പറയുന്നു അങ്ങനെ സർവദിഖിനെ അല്ല സർവദൃക് അതല്ല പറയുന്നു അതെല്ലാം ാണ് ഭരണ പഠിത്തവും ഭരണത്തിന് സാമർഥ്യം കൂടിയാൽ ചിലപ്പോൾ നമുക്ക് ബോധവും ഭാവിയും എല്ലാം അറിയേണ്ടിയിരിക്കുന്നില്ല ആത്മാവിനെ ആശ്രയിച്ചുള്ള കാര്യങ്ങളല്ല മായെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണ് അതല്ല അതിന്റെ കൂടെ ചർച്ച പറയുന്നത് ദൃഷ്ടി ദൃഷ്ടി രണ്ട് ശബ്ദം ദൃഷ്ടി ശബ്ദം രണ്ടുമാണ് ദൃഷ്ടാവിന്റെ ദൃഷ്ടി എന്ന് രണ്ടു എന്തിനുവേണ്ടി അങ്ങനെ പറഞ്ഞത് ഈ ദൃഷ്ടിയെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളീ പറയുന്ന പ്രത്യക്ഷം അപരോക്ഷം എല്ലാം പറയുന്ന ദൃഷ്ടിയെ നിഷേധിക്കാൻ വേണ്ടി സ്വരൂപമായ ദൃഷ്ടി ആ ദൃഷ്ടിക്ക് വിപരിലോകം വരുന്നില്ല മാറ്റം വരുന്നില്ല അത് പശ്യൻ ദേവഭവതി അതുകൊണ്ട് പറയാൻ തത്വജ്ഞൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ വാച്യാർത്ഥത്തിൽ അല്ല കാര്യത്തിൽ തത്വത്തെ ഗ്രഹിച്ചവന് സംശയമുണ്ട് ആഗ്രഹിക്കാത്തവനതിന് സംശയമുണ്ടാകും അവനെങ്ങനെ ആത്മാവായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും അവരെല്ലാം അറിയുന്നില്ലല്ലോ സ്വർഗത്ത് അസുഖത്തെ അവൻ അറിയുന്നില്ലല്ലോ ബ്രഹ്മലോകത്തിലെ അസുഖങ്ങൾ അനുഭവിക്കുന്നില്ലല്ലോ എങ്ങനെ ഈ പറയുന്നത് ശരിയാകും എന്നുള്ള സംശയങ്ങൾ തത്വബോധം ഇല്ലാത്തവനുണ്ടാകും എന്താണ് അതാണ് ഇവിടെ പറയുന്നത് അതിന് നാശമില്ല ആ ദക്ക് നാശമില്ല അതുകൊണ്ട് സർവവും ആ ദശയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അത് സർവധാരമായി നിൽക്കുന്നു സർവസ്വരൂപമായി നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ അതൊന്നു പറഞ്ഞാൽ പോരെ ഒന്നും അറിയുന്നില്ല എന്ന് പറയണം അറിയുന്നില്ല എന്ന് പറയാ പറഞ്ഞു നന്ദി ശർണോതി നന്ദി ദ്വിജാനോദി ഇതെല്ലാം എന്തിനാ പറയുന്നു തത്വരൂപത്തിൽ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചിരിക്കണമെങ്കിൽ അത് പറഞ്ഞ പോലെ ആശയക്കുഴപ്പം എന്തിനുണ്ടാകുന്നു കരസര വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോഴാണ് ആശയക്കുഴപ്പം അതിന് സമാനം പറയുന്നു ദൃഷ്ടന്യത്വനോ അഭാവ എന്ന പശ്യ ദുഷ്ടാവിൽ നിന്ന് അന്യമായി കാമങ്ങൾ നിലനിൽക്കുന്നില്ല എന്നുവെച്ചാൽ സാമ്യമായ ഒന്നും നിലനിൽക്കുന്നില്ല അസാമ്യമായ നിലനിൽക്കുന്നുണ്ട് സ്വർഗവുമില്ല ബ്രഹ്മലോകവും ഇല്ല നരകവുമില്ല ഇതൊന്നും നിലനിൽക്കുന്നില്ല ശരീരം ഉൾപ്പെടെയുള്ള ഒന്നും നിലനിൽക്കുന്നില്ല മനസ്സ് നിലനിൽക്കുന്നില്ല കർണങ്ങൾ നിലനിൽക്കുന്നില്ല ദൃശ്യങ്ങൾ നിലനിൽക്കുന്നില്ല ഇതിനെക്കേണ്ടല്ലോ കാമിക്കുന്നത് ഇതൊന്നും ദൃഷ്ടാവിൽ നിന്ന് അന്യമായിട്ടില്ല പ്രകാശത്ത് നിന്ന് അന്യമായി ഉഷ്ണം ഉഷ്ണത്തിൽ നിന്ന് അന്യമായി പ്രകാശം ഏത് രൂപത്തിൽ പ്രകാശിക്കുന്നു അതുപോലെ ദുഷ്ടാവ് ഏകരൂപത്തിൽ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാണ് മുക്തന്റെ നില അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിട്ടാണ് സുഷി ദൃഷ്ടാന്തത്തെ പറയുന്നത് അതുകൂടെ വ്യാഖ്യാനത്തിൽ പറയും സുപ്ത മോക്ഷ ദൃഷ്ടാന്തത്വ മോക്ഷത്തിന് ദൃഷ്ടാന്തമായി പറയുന്നത് സുപ്തൻ തന്നെ തന്നെ സുപ്തൻ എന്ന് പറയുമ്പോൾ വേറെ ഉറങ്ങും കിടക്കുന്നവനെ കുറിച്ചല്ല പറയുന്നത് തന്നെ കുറിച്ചല്ല താനല്ല ഉറങ്ങുന്നത് മറ്റുള്ളവരുടെ ഉറക്കത്തെ കുറിച്ചല്ല അവിടെ എന്താണ് ഇതാണ് പരമാർത്ഥമൊന്ന് ബോധിക്കുന്നതിന് വേണ്ടി അതൊരു ദൃഷ്ടാന്തമായിട്ടുണ്ട് അതെവിടെ ബോധിക്കുന്നു ജാഗ്രത ബോധിക്കുന്നു സുഷൃപ്തി ബോധിക്കുന്നു സുഷൃപ്തിലാധ്യമുണ്ട് അത് ബോധിച്ചാലോടെ ജാഗ്രത ഈ പ്രകാശം ജാഗ്രതത്തിൽ ബോധിക്കുന്നു അതങ്ങനെ സംശയരഹിതമായി ബോധിക്കുന്നു വിപരീയരഹിതമായി ബോധിക്കണം അജ്ഞാനശൂന്യമായി ബോധിക്കണം അവിടെയാണ് തത്വജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നത് അജ്ഞാന സംശയവിപര്യങ്ങളെ നിരാകരിക്കാൻ വേണ്ടി മാത്രം അല്ല ഇതിനെ വിഷയമാക്കുന്ന ഒരു തത്വജ്ഞാന പിന്നെ പറയുന്നതോ ശാന്തിയുണ്ട് സുഖമുണ്ട് സമാധാനമുണ്ട് അതും മനസ്സിന്റെ കാര്യങ്ങൾ മനസ്സിനതൊക്കെ ഉണ്ടാകാം ശാന്തി സുഖവും സമാധാനം ആനന്ദമൊക്കെ ഉണ്ടാകാം ഇവിടെ പറയുന്ന അതിനെ കുറിച്ചൊക്കെ അല്ല ആ മനസ്സിന്റെ ദൃഷ്ടിയെ കുറിച്ചാണ് സംബന്ധിച്ച് ഇത് രണ്ടും പറയും ഒന്നും കാണുന്നില്ല അസർവത്തെയും കാണുന്നു പറയാം അത് ജാഗ്രതത്തിൽ സ്വപ്നത്തിൽ സർവത്തെയും കാണുന്നവനായിരിക്കുന്നു ഒന്നും കാണാത്തവനായിരുന്നു ഈ തത്വത്തെ ഗ്രഹിക്കുന്നവനാണ് മുക്തൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സുപ്തീ മോക്ഷദൃഷ്ടാന്തത്വ എന്ന് പറഞ്ഞു ാന്തിക അനുഗമാതവും മുക്ത ദാഷ്ടാന്തികവുമാണെന്നാണ് ഇവിടെ പറയുന്നത് അതൊരു ഒരു തരത്തിൽ നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്ന അത് പരമാർത്ഥമാണെങ്കിലും മുക്തിക്ക് ദൃഷ്ടാന്തമായി അതിനെടുക്കുന്നു സുഷുപ്ത സംബന്ധം മുക്തുകൊണ്ട് സുഹൃപ്തയെ സംബന്ധിച്ച് എന്തെല്ലാം പറയുന്നു അതെല്ലാം മുക്തനെ സംബന്ധിച്ച് ശരിയാണ് അങ്ങനെ മുക്തനെയും മുക്തിയെയും മനസ്സിലാക്കണം എന്നാ പറയുന്നത് അതുമ്പോ നമ്മളിത് മണ്ഡൂജീതനും മറ്റും ചർച്ച ചെയ്താണ് അതിന്റെ ആ വാചകങ്ങൾ ചിലപ്പോ മറ്റു പലയിടത്തായിട്ടാണ് കിടക്കുന്നു ഇവിടെ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇതിങ്ങനെ വായിക്കാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ഇത് കേട്ടിട്ടില്ലാത്തോണ്ട് പലരും സംശയിക്കരുതെന്തോ എന്റെ ഭാവന ഈ പറയുന്ന കാര്യങ്ങളാണ് പ്രാമാണികമാണ് ഞാൻ പറയുന്നുള്ളൊരു കാര്യം പ്രാമാണികമാണോന്നുമില്ല അതെന്ന് ധരിച്ചു പുതിയ വേദാന്തം പഠിപ്പിക്കുകയും പഠിച്ച വേദാന്തമല്ല അതുകൊണ്ടാണ് അദ്വൈതം ഭാഷ്യത്തിലൂടെ തന്നെ മനസ്സിലാക്കുന്നു അസംബന്ധമൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഭാഷയത്തിൽ കൂടുതൽ വ്യക്തമാകുന്നതിനുള്ള അവസരമുണ്ട് മറ്റിടത്ത് വളരെ സൂത്രവും ഭാഷ്യവും പറയുന്നു സൂത്രങ്ങൾ കൊണ്ട് നമുക്കൊന്നും പിടികിട്ടത്തില്ല വ്യാകരണസൂത്രം മീമാംസാസൂത്രം വേദാന്തസൂത്രം ന്യായസൂത്രം സംഖ്യസൂത്രം ഇങ്ങനെ ഒരുപാട് സൂത്രങ്ങളുണ്ട് ഈ സൂത്രങ്ങളൊന്നും നമുക്ക് ഒരു കാര്യം പിടികിട്ടത്തില്ല പിടിയിരുന്ന ഭാഷയത്തിലേക്ക് പോകണം അതുപോലെയാണ് ആശയങ്ങളെ സംക്ഷേപിച്ചിരിക്കുന്നതാണ് പ്രകടനങ്ങൾ വിസ്തരിച്ചിരിക്കുന്നതാണ് ഭാഷയത്വം വിസ്താരം കൊണ്ട് നമുക്ക് കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും ചെറുച്ചില്ല എത്ര മണിക്കൂറാണ് നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചത് തത്വമസ് അഹം ബ്രഹ്മാസി ഇത്രയും പറഞ്ഞ പോലെ പക്ഷെ വിസ്താരം പലപ്പോഴും ആവശ്യമായി വരും അതാണ് ഭാഷയം ചെയ്യുന്നത് വിസ്താരം കൊണ്ടേ നമുക്ക് അതുകൊണ്ട് ഭാഷയത്തിലൂടെ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നതാണ് കുറച്ചുകൂടി സമയം അത് ശരിക്ക് ബോധിക്കണമെന്നും നിർബന്ധമുണ്ടെങ്കിൽ ഭാഷയത്തിലൂടെ മനസ്സിലാക്കണം എന്നുകൂടെ പറയും പിന്നെന്താ പ്രകടനങ്ങളുടെ ഉപയോഗം പ്രകടനത്തെ സൂത്രരൂപത്തിൽ ധരിക്കുന്നു പിന്നീട് അതിന്റെ വിശദീകരണങ്ങൾ ഭാഷ മനസ്സിലാക്കുന്നു അതുകൊണ്ട് പ്രകടനം വ്യർത്ഥമല്ല ഇത്രയും വ്യക്തമായ ആശയങ്ങൾ അവിടെ കിട്ടത്തില്ല വളരെ സൂക്ഷ്മമായി പറഞ്ഞിരിക്കുന്നു ഭാഷകാരൻ തന്നെ പറയുന്നു യത് വി സുഷൃപ്തേ തദുത്തം കാരണം നീ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രുതിയിലായാലും ശരി താനായാലും ശരി സുഹൃത്തയിലാണ് ഇതെല്ലാം ചർച്ച ചെയ്ത് സുഷൃപ്തിയെ മുൻനിർത്തിയിട്ടാണ് എന്ന് പറയുമ്പോ ജാഗ്രത്തിനും സ്വപ്നത്തിനും വളരെ കൂടുതൽ വലിയ പ്രാധാന്യമൊന്നും സൃഷ്ടിക്കില്ല അങ്ങനെയും ധരിച്ചാണ് ചിലര് ഈ സൃഷ്ടിയിലും ഭ്രമിക്കുന്നവരുണ്ട് അതൊന്നുമില്ല പക്ഷേ ഇവിടെ പറയുന്ന തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള സൗകര്യം ആ അനുഭവത്തിലുണ്ട് കൂടുതൽ സൗകര്യമുണ്ട് ഇവിടെ പറഞ്ഞു എന്താണ് ദഷ്ടഫു ദഷ്ട വിപരിലോ വിപരിലോപിത്യത അവിനാസിക്കുക എന്നെല്ലാം പറഞ്ഞത് സുഷത്തെ കുറിച്ചാണ് ബ്രധാർമ്മ കാരന് അത് ഓർമ്മയുണ്ട് അതുകൊണ്ട് പറയുന്നത് എന്താണോ യഥിയ സുഷത്തെ ദുഃഖം ഭാവ മുക്തനും അത് അതിനു തുല്യമാണ് മുക്തന്റെ അവസ്ഥ മുക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണോ സർവേകത്വ മാനോ ദ് മുക്തനെ സംബന്ധിച്ചും ദ്വിതീയ അഭാവമുണ്ട് സർവേകത്വ ഏജാഗ്രത്തിൽ സർവവുമായി അനുഭവപ്പെടുന്നത് മുക്തനെ സംബന്ധിച്ചേകമാണ് എന്നാ പിന്നെ സുഷക്തി പോരെ എന്തിനാ സുഷക്തിയിൽ ബോധം ഉണ്ടാകുന്നില്ല ങ്ങനെയാണോ ഈ ഇന്ദ്രിയം കരണം ശരീരം പ്രപഞ്ചം വീട പരസ്പര ബന്ധം ഇതിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ ഇതിൽ നിന്നെല്ലാം ശ്രവണത്തിലൂടെ മനനത്തിലൂടെ തത്വത്തെ ഹംസോ യുധ ക്ഷീരം ഇവാംബ് മിശ്രം പാലുന്ന വെള്ളത്തെ ഹംസം വേർതിരിക്കുന്നത് അതുപോലെ ീ വെറുതിരിക്കൽ ആത്മാനാത്മവിഭാഗം വിവേകം ഇത് സുഷുത്തി സാധിക്കുന്നതാ അവിടത്തെ അതുകൊണ്ടാണ് ജാഗ്രത വേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ജാഗ്രത ശ്രവണ മനനങ്ങളെല്ലാം വേണ്ടി വരുന്നത് ഉറങ്ങിയതുകൊണ്ട് പ്രയോജനമില്ല അത് പരമാർത്ഥമാണ് ഉണർന്നതുകൊണ്ടും പ്രയോജനമില്ല തത്വത്തിൽ ഉണരണം അത് ജാഗ്രത്തിലെ സാധ്യമാണ് കേനക്കം പശ്ചിതിച്ച മുക്തമേവ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോഴാണ് അത് പറഞ്ഞത് അത് തത്വജ്ഞനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് എന്ത് കർണത്തെ കൊണ്ട് എന്ത് വിഷയത്തെ കാണും കത്യജ്ഞനെ കുറിച്ച് നമ്മള് പറയും എന്താണോ നമ്മുടെ ധാരണ അയാളെപ്പോഴും ആത്മാവിനെങ്ങനെ അറിഞ്ഞു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ചോദിക്കുന്നു കേന എന്ത് കാരണം കൊണ്ട് കം ഏത് ആത്മാവിനാണ് അവൻ അറിയുന്നത് അവൻ സ്വയം ആത്മാവല്ലേ പിന്നെ അവൻ ഏത് ആത്മാവാണ് അറിയുന്നവനും അറിയാനുള്ള ഒരു തരണവും അറിയുന്ന ആത്മാവും അങ്ങനെ മൂന്നുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ അദ്വൈതം ഇത്തരത്തിൽ വരുന്ന വികല്പങ്ങളെല്ലാം മനസ്സിൽ നിന്ന് അകറ്റിക്കളയാൻ വേണ്ടിട്ടാണ് മരണം അതിനാണ് ഈ ചർച്ച അങ്ങനെ അകറ്റിക്കളഞ്ഞാൽ പിന്നെ അനുഭവം ഉണ്ടാകുമോ പ്രതീക്ഷിക്കുന്ന അനുഭവം ഉണ്ടാകത്തില്ല പിന്നെന്താ ഉണ്ടാകുന്നത് ഇതെല്ലാം മാറുന്നു അജ്ഞാന സംശയാദി രോഗങ്ങൾ മാറുന്നു അത് അതിനാണ് മുക്തി എന്ന് പറയുന്നത് അജ്ഞാന സംശയദോഷങ്ങൾ മാറുന്നതാണ് മുക്തി എന്തിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയങ്ങൾ സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള ബാക്കിയമായ വിഷയങ്ങളെ കുറിച്ചുള്ള സ്വസ്വരൂപത്വ കുറിച്ചുള്ള അജ്ഞാന സംശയ അധികം മാറുക അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോ മുക്തൻ സർവജ്ഞനല്ല എന്ന് ഭാഷകാരൻ പറഞ്ഞു അത് രണ്ട് രണ്ട് കാര്യങ്ങൾ സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല മുക്തായം കുടിച്ചിട്ട് കുടിച്ച് ആനന്ദിക്കുന്നതുപോലെ ബ്രഹ്മത്തെ അനുഭവിച്ച് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നവനല്ല മുക്തൻ അമ്മ പ്രതീക്ഷയിലുള്ള കാര്യങ്ങളാണ് കേവലം ഭാവനയിലുള്ള കാര്യങ്ങൾ ഇത് ഭാവനയാണെന്ന് മനസ്സിലാക്കാതെ ഈ ഭാവനയെ ഒരുപാട് ആൾക്കാർ ചെയ്യും കേവല ഭാവനകൾ അത് അങ്ങോട്ട് പറയുന്നത് കേനകം പശിയത് ആര് ആര് എന്തുകൊണ്ട് കാണും എനിക്കെ വ്യക്തമായും പറയുമ്പോൾ പിന്നെ കാണുന്നു എന്ന് പറയുന്നതിന് എന്താ പിന്നെ കാണുന്നു എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് പശുനെ ഭവന അവനൻ സർവവും നിലനിൽക്കുന്നു തത്വമാണ് ആ തത്വത്തിൽ സർവവും നിലനിൽക്കുന്നു ആ തത്വത്തിന്റെ നിലയിൽ നിന്നും കൊണ്ടായിരിക്കും ചിലപ്പോ ചിലർ പറയുന്നതാണ് ഞാൻ തന്നെയാണ് സൂര്യനായി നിൽക്കുന്നു ചന്ദ്രനായി നിൽക്കുന്നു എന്നെല്ലാം പറയുന്നു ഈ വ്യക്തിഭാവത്തിലിരിക്കുന്ന ജീവൻ സൂര്യനും ചന്ദ്രനും ആവുന്നു എന്നാണോ അതിന്റെ അർത്ഥം ഞാനെന്ന് പറയുന്ന ആരും ഉദ്ദേശിച്ചിട്ടാണ് ൂപം അത് സർവത്തിനും ആധാരമായിരിക്കുന്നു അല്ലെങ്കിൽ അത് തന്നെ സർവാത്മകമായിരിക്കുന്നു അത് സർവസാരമായിരിക്കുന്നു എന്നാണ് എന്റെ പരമാർത്ഥമാണ് എന്നാലും അതിന്റെ ഒരു അനുഭവം വേണ്ട ഇനി അങ്ങനെ വീണ്ടും സംശയമില്ല ഈ സംശയം മാറിയ പ്രശ്നം ഈ ഒരു സംശയമാണ് വീണ്ടും തടസ്സമായിരിക്കുന്നത് എന്തായാലും അതിന്റെ ഒരു അനുഭവം വേണ്ടേ ആ സംശയം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് മരണ അതുകൂടെ ഭാഷകാരൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ തന്നെ വരുന്ന മറ്റൊരു സംശയവും പരിഹരിക്കും ഇവിടെ സന്ദർഭത്തിൽ ഭാഷകാരൻ അദ്ദേഹത്തിന് വളരെ മർമ്മപ്രധാനമായ പല ആശയങ്ങളെയും വ്യക്തമാക്കുകയാണ് ഒന്ന് സർവജ്ഞത്വത്തെ കുറിച്ചുള്ളത് അതിനെ നിഷേധിച്ചു പിന്നെ അപരോക്ഷതയെ സംബന്ധിച്ചെന്താണ് അദ്ദേഹത്തിൽ അപരോക്ഷത അത് ഇനി മൂന്നാമതൊരു പ്രശ്നം അശരീര സ്വരൂപവും അപഹതാത്മാരക്ഷണ ഭക്ഷണ ഇത് ശ്രുതിയുടെ ഒരു സ്വഭാവമാണ് അങ്ങേ ഏറ്റവും പറയും ഇങ്ങേറ്റവും പറയും രണ്ടും കേൾക്കുന്നവനാകാശ കുഴപ്പമാണ് ശരി അതാണ് പരമാർത്ഥം ഈ ആശയക്കുഴപ്പം സ്വയം പരിഹരിക്കാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു അദ്വൈതം പഠിപ്പിക്കാൻ തുട പറയുന്നതിനും കുഴപ്പത്തിലാവും കേൾക്കുന്നതിനും കുഴപ്പത്തിലാവും പിന്നെ അവൻ പറയുന്ന അസംബന്ധമാണോ അദ്വൈതമെന്ന് പറയുന്ന അസംബന്ധമാണെന്നുള്ളത് അങ്ങനെ പലരും പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ മുപ്പത് നാപ്പത് വർഷം പറഞ്ഞിട്ടുണ്ട് മുപ്പത് നാപ്പത് വർഷം ഞാൻ വേദാന്തം പഠിച്ചു അദ്വൈതം എന്തൊക്കെയാണ് പഠിച്ചത് ഭഗവത്ഗീത പഠിച്ചു ശങ്കരഭാഷ്യം പഠിച്ചു പരമസൂത്രം പഠിച്ചു മനുഷ്യത്വങ്ങൾ കത്തും പഠിച്ചു പോരാതെ അദ്വൈത ശ്രദ്ധയും സ്ഥാനം ബൃഹത് പ്രസ്ഥാന എല്ലാം പഠിച്ചു എല്ലാം പഠിച്ചിട്ട് ഇപ്പൊ എന്തായി ഒന്നും ആയില്ല ഇതൊക്കെ ഇങ്ങനെ പറയാനും കേൾക്കാനും കൊള്ളാമെന്നല്ലേ എനിക്കിതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല കഴിഞ്ഞ മാസം എന്നുള്ള ഒരാള് പറഞ്ഞ കാര്യം എനിക്കറിയല്ല ഒരാൾ മനസ്സ് തുറന്നു അടുപ്പമുള്ളതുകൊണ്ട് മനസ്സ് തുറന്നു ഒരാൾ സംസാരിച്ചത് എന്താ ഇതിന് ശേഷിച്ചത് ഇത്രയും ഗ്രന്ഥങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു പുരുഷായസ് മുഴുവൻ ചെലവഴിച്ചിട്ടും എന്താ ശേഷിച്ചത് ഇങ്ങനെ ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും എന്താണ് അവിടുത്തെ ദോഷം എന്താണ് അവിടുത്തെ തകരാറ് ഏതൊരു തത്വത്തെ ഈ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ആ തത്വത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയാദി ദോഷങ്ങൾ മാറിയിട്ട് ഇത്രയും ചെറിയൊരു കാര്യമാണ് അന്ന് പറയുന്നത് ശാസ്ത്രാധീതി അവിജ്ഞാതെ പരേ തത്വേ ശാസ്ത്രാധ്യയനം നിഷ്ഠിതമായി തീരുന്നു ഒരുപാട് മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗുരന്തം പിഴിഞ്ഞാല് മോക്ഷം വരത്തില്ല ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം ഇത് അതിന് ഉതകത്തക്ക രീതിയിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല അതാണ് ഇതിൽ വരുന്ന ഒരു തകരാറ് ഈ ദോഷം മാറുന്നില്ല ഒരാൾ ചോദിക്കും എന്താ തനിക്ക് മാറിയോ ഈ ദോഷമൊക്കെ ഈ സംശയമൊന്ന് മാറിയാൽ അതി പ്രശ്നം എന്താണ് ഈ ഒരൊറ്റ സംശയം എന്ന് ശേഷിക്കൊള്ളു അതുകൂടെ തീർന്നു മുക്തനായി ഇതാണ് ഭാഷയിൽ നമ്മളെ ബോധിപ്പിക്കുന്നത് ദോഷം നമ്മളിലാളും മറ്റൊരാളിലുണ്ടോ ആരുടെയെങ്കിലും സംശയം മാറിയെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് എന്താ കാര്യം സ്വന്തം സംശയം മാറുന്നുണ്ടോ സ്വന്ത അജ്ഞാനം മാറുന്നുണ്ടോ മറ്റുള്ളവരുടെ മുഖ്യെക്കുറിച്ച് തിരക്ക് എന്താ പ്രയോഗം അവനവനൻ ഉള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടോ അത് ഈ തത്വം ശ്രവിക്കുമ്പോ സംശയം വരുന്ന സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും സംശയം വരുന്നത് ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം എന്താണ് അശരീര സ്വരൂപം അപകത്ത പാത്മാതിലക്ഷണ ഇതൊക്കെയാണോ നിങ്ങൾ എപ്പോഴും പറയും ഇതാണ് ആവർത്തിച്ചാവർത്തി പറയും ഇതാണ് കേൾക്കുന്നത് അശരീര സ്വരൂപം അപകത്ത പാത്മാതി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യേശുരുഷ ഈ ആത്മാവിനെ കുറിച്ച് ഇത്രയെല്ലാം പറഞ്ഞിട്ട് പിന്നെ എന്താണ് പറയുന്നത് അക്ഷര ചക്ഷുപുരുഷനാണ് ഇതെന്തിനാ പറയാൻ പരമാർത്ഥമാണ് പറയുന്നെങ്കി അത് മാത്രം പറഞ്ഞാൽ പോലെ വേണ്ട അധീനം എന്തിനാ പറയുന്നത് നമ്മളോട് പറഞ്ഞാൽ മതിയല്ലോ സച്ചയദാനന്ദം പിന്നെ ചക്ഷുപുരുഷനാണ് ഇത് ആൾക്കാരുടെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് ചക്ഷുപുരുഷനാണെന്ന് പറഞ്ഞുകൊണ്ട് സാധുക്കള് കണ്ണിനെ നോക്കിയിരുന്ന് ധ്യാനിക്കുന്നുണ്ട് കണ്ണിൽ കാണുന്ന പുരുഷന് കൂടുതലും സ്ത്രീകളാണ് പുരുഷന്മാരല്ല അങ്ങനെയൊക്കെ ഉണ്ട് കാരണം എന്തുകൊണ്ടാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത് അക്ഷി പുരുഷൻ അത് വെറുതെ ആണോ എന്ന് ചോദിച്ചു എന്ത് ചെയ്താലും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും എന്തോ അതൊരു ദൈവാധീനമാണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും അതുകൊണ്ട് ഇതൊന്നും വെറുതെ അല്ല ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതും നല്ല കണ്ണിനു നോക്കിയിരിക്കുന്നു ധ്യാനിക്കുന്നത് കണ്ണശ്രുദ്ധി ഇങ്ങനെ പറയുന്നു എന്തിനു ശ്രുദ്ധിയങ്ങനെ പറഞ്ഞു ഇതുപോലെ ഭാഷകാരൻ വിശദീകരിക്കുകയാണ് പ്രജാപതിരുവസോമേമഗ്രഹി സിനി ചുരുഷന ഇത്തരം സംശയങ്ങളാണ് നമ്മളെ മനസ്സിൽ സാക്ഷാദ് ദൃശ്യതം ഇതം ആരഭ്യത ൃതിന് പരിഹാരം പറയും അങ്ങനെയും പറയാം എന്നാണ് ചട്ടപുരുഷനെന്നും പറയാം സ്വപ്നപുരുഷൻ പറയാം സുപ്തപുരുഷനെന്നും പറയാം ഇങ്ങനെ പറയുന്നതിനും ദോഷമൊന്നും എങ്ങനെ പറഞ്ഞാലാണോ ഓരോരു ബുദ്ധിയെ ഒന്ന് മുന്നോട്ട് അത്രയും ഉദ്ദേശിക്കുന്ന മനസ്സില് അതിനെ നിന്നും നിലയിൽ നിന്നും ഉയർത്തുക സാക്ഷാത്കാരം അതെപ്പോഴായാലും സംഭവിച്ചോട്ടെ പക്ഷെ നിന്ന നിലയിൽ നിന്നൊന്നും മുന്നോട്ട് പോണ്ടേ എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് ചക്ഷം അപ്പൊ അവിടുത്തെ പുരുഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമാണ് അതാണ് തത്ര തഥാ സക്ഷിണി സാക്ഷാദർശ്യത അക്ഷപുരുഷൻ തദ്വക്തവ്യം ഇത് ഇതം ആരഭ്യതരക്ഷിണി ദർശനം ഇത്യാഹ സദൃഷ്ടാന്തോ യഥാ പ്രയോഗ്യത് വിശദീകരിച്ച് പറയും സദൃാന്തോ വ്യാഖ്യാന ഭേദത്തെ കുറിച്ച് മോശകാരം പറയുകയാണ് നമ്മുടെ മന്ത്രത്തിൽ എന്ന് പറഞ്ഞാൽ യഥാ സപ്രയോഗ്യ സ ശബ്ദത്തിന് എന്താർത്ഥം പറയും ദൃഷ്ടാന്തം എന്നുള്ള അർത്ഥം പറയാം അല്ലെങ്കിൽ പ്രയോഗ്യത്തിന്റെ വിശേഷണമായിട്ടെടുക്കാം ഭാഷയെ സംബന്ധിച്ചുള്ള ഒരു സാങ്കേതിക വിഷയമാണ് രണ്ടു തരത്തിലായാലും കുഴപ്പമില്ല കവിയിലൊക്കെ ഒരു പക്ഷേ മുമ്പ് പലരും പലതരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കും അപ്പോ ഭാവിയിലും വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ശബ്ദാർത്ഥങ്ങളെ ഭാഷകാരനും ചിന്തിക്കുന്നു അതങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കോട്ടെ ും ചിന്തിക്കേണ്ടി കഴിയാത്തവർക്ക് അതിന് ശേഷിച്ചു തോന്നുന്നു ഇപ്പൊ സശബ്ദത്തിന് ദൃഷ്ടാന്തം എന്നുള്ള അർത്ഥം എടുത്ത് ഒന്ന് പറഞ്ഞു പിന്നീട് പറയുന്നു അല്ല പ്രയോഗ്യം എന്ന അർത്ഥമുള്ളൂ ഭാഷപ്പെട്ടിട്ട് ഞാൻ എന്റെ ആശയത്തിലേക്ക് പോലെ പറയുന്ന സ ദൃഷ്ടാന്തം പ്രയോഗ്യ പ്രയോഗ്യ പുരോഗ സശബ്ദ എന്താണ് പ്രയോഗ്യം എന്ന് പറയുന്നത് വണ്ടിക്കാള അല്ലെങ്കിൽ രഥത്തിനും മറ്റും ഉപയോഗിക്കുന്ന അശ്വം അതിനുദ്ദേശിച്ചിട്ടാണ് ഇവിടെ പ്രയോഗ്യ എന്നുള്ള ശബ്ദ ശബ്ദം പ്രയോഗിച്ചത് പ്രയോഗിക്കപ്പെടുന്നത് ഉപയോഗിക്കപ്പെടുന്നത് ഇവിടെ വാഹനത്തിനും മറ്റും വണ്ടി വലിക്കാനും മറ്റും അതാണ് അശ്വന ബലി വർദ്ധന ആർത്ഥത്തിൽ പറയാണ് അപ്പൊ പ്രയോഗ്യം എന്ന് പറഞ്ഞാൽ അതായി വണ്ടി വലിക്കുന്ന കാളയും പറ്റും അത് യഥാ ലോക ആചരത്തിയ നീങ്ങിയെത്തിയാചരണു ലോകത്തിൽ നമ്മളങ്ങനെ കാണാറുണ്ട് വണ്ടി വലിക്കുന്നു എന്നിട്ടിവിടെ അടുത്ത് പറയുന്നെന്താണ് ആചരണ മന്ത്രത്തിൽ എന്താ പറയുന്നത് യഥാർത്ഥ പ്രയോഗ്യ ആചരണേ യുക്ത പ്രയോഗ്യം ആചരണത്തിൽ യുക്തമായിരിക്കുന്നു ശബ്ദം കേട്ടാൽ നമുക്കൊരു അർത്ഥം തോന്നത്തില്ല എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നും പക്ഷെ മഷ്യക്കാരന എന്റെ അർത്ഥത്തെ തെളിച്ചെടുക്കുകയാണ് പ്രയോഗ്യം ആചരണത്തിൽ യുക്തമായിരിക്കുന്നു എന്താ എന്റെ അർത്ഥം കാളയെ വണ്ടിയിൽ കെട്ടുന്നത് എന്നാണ് ോന്നു നമുക്ക് എങ്ങനെയൊരർത്ഥം തോന്നത്തില്ലല്ലോ അതാണ് ഭാഷയുടെ കളി പാണ്ഡിത്യത്തിന്റെ മഹത്വം അതാണ് ആചരത്തി അനേനത്തി ആചരണം ആചരത്തി അനേന ചരിക്കാൻ ഉപയോഗിക്കുന്നത് അതാണ് ആചരണം അപ്പൊ ആചരണത്തിന് ചരികഥാകും ചരിക്കുക എന്നൊക്കെ സഞ്ചരിക്കുക മ്പൂർവ്വത്തിൽ വരാം ഉപസർഗം ആ പൂർവ്വത്തിൽ വരാം അന്ന് ഞാൻ സഞ്ചരിക്കാന്നുള്ള അർത്ഥം കിട്ടും എന്താണോ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത് അതാചരണം അതിനുവേണ്ടി ഏതെന്തിനാണോ അതിൽ ബന്ധിക്കുന്നത് അത് പ്രയോഗ്യം അപ്പൊ വ്യക്തമായും ഭാഷാ നിയമങ്ങൾക്ക് അനുസരിച്ച് തന്നെ അർത്ഥത്തെ പറയുകയാണ് അല്ലാതെ ഇതൊന്നും ഭാവന വ്യക്തമായ നിയമങ്ങൾക്കനുസരിച്ച് പറയും പക്ഷെ ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ പോലെയുള്ളവർ വിശേഷിച്ച് നമുക്ക് ഇതിന്റെ എന്താണ് ആ എന്താണ് ചര എന്താണ് യുജ് എന്താണ് പ്ര പ്രകൃതി എന്താണ് പ്രത്യയം എന്താണ് നിയമങ്ങൾ എന്താണ് ഒന്നും നമ്മൾ ഭാവനയിൽ പലതും പറയും പ്രയോഗ്യം വളരെ യോഗ്യനായി എന്നർത്ഥം പറയും എന്തുകൊണ്ട് അങ്ങനെ അർത്ഥവിജയം ഉണ്ടെന്ന് സമ്മതിക്കാനും ആ ചരണം അതുപോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും പറയും അത് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞൊരു വ്യാഖ്യാനം എഴുതി കഴിഞ്ഞാൽ ഗുരുവായി എന്തുകൊണ്ട് എന്ത് പറഞ്ഞാലും അനുയായികളെ കിട്ടും എന്ത് ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നു കൂടുതലും പഠിപ്പില്ലാത്തവർ ഭാഷയെ അറിയാത്തവരും ഈ നിയമങ്ങൾ അറിയാത്തവരാണ് കൂടുതലും വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ധൈര്യപ്പെടുന്നു അവർക്ക് ഭാവനയുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടോ ഭാവനയും അനുഭവം വേണ്ട വ്യത്യാസം അപ്പൊ ഭാവനയിൽ എന്ത് ഉപയോഗിക്കും ഒരാൾ എന്നോട് പറഞ്ഞത് സ്വാമി ഉപനിഷത്ത് പഠിപ്പിക്കുന്നുണ്ടല്ലേ നമ്മൾ ഞാൻ ശ്രമിക്കുന്നുണ്ട് എത്രമാത്രം വിജയിക്കുന്നു അറിയത്തില്ല ജീവിതം വ്യത്ഥമാണ് എന്തുകൊണ്ട് ഈ ഉപനിഷത്ത് പഠിക്കാതെ പഠിപ്പിക്കുകയാണെങ്കിൽ അമ്മയോ അങ്ങനെയാണെങ്കിൽ അതും തീർച്ചയായും പഠിച്ചിരിക്കണം എന്തായാലും ഇന്യ ജീവിതം വ്യർത്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നു വായിച്ചു നോക്കി കുറച്ച് അപ്പോഴാ മനസ്സിലായത് വരഥം എഴുതിയവന്റെ ജീവിതം മൃത്തം വായിച്ചവന്റെ ജീവിതം മൃത്ഥം എന്താണ് മുഴുവൻ ഭാവന ഇതുമായിട്ടൊരു ബന്ധവുമില്ല പക്ഷെ എഴുതിയാണ് വിവരമുള്ള ആളാണ് അയാൾക്ക് ഭൗതിക ശാസ്ത്രം അറിയാം മനഃശാസ്ത്രം അറിയാം സാമൂഹിക ശാസ്ത്രം അറിയാം ഇനി എന്തൊക്കെ ശാസ്ത്രമുണ്ടോ അതെല്ലാം അറിയാം ഈ ശാസ്ത്രം മാത്രം അറിവില്ല എന്തൊക്കെ ശാസ്ത്രം അറിവുണ്ടോ അതെല്ലാം ഇതിന്റെ താഴെ കയറ്റിയിരിക്കുന്നു എല്ലാം ഭാവന വൈദിക ശാസ്ത്രം മാത്രം പരിചയിച്ചു പൂർവമീമാംസയും ഉത്തരമീമാംസയും മാത്രം പരിചയിച്ചിട്ടില്ല ബാക്കിയെല്ലാം പരിചയിച്ചു ഇത് രണ്ടും പരിചയിക്കാതെ വേദാർത്ഥത്തെ നിർണ്ണയിക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ വരാൻ പാടില്ല ഭക്ഷ്യകാരൻ അങ്ങനെയല്ല ഭക്ഷ്യകാരൻ മാത്ര എല്ലാ ഭാഷകാരന്മാരും അവർക്ക് വൈദിക സംസ്കാരമുള്ളവരായിരുന്നു രാമാനുജാചാര്യനായാലും ശരി മാധ്യാചാര്യനായാലും ശരി അവർക്ക് തിരിച്ചറിയാമായിരുന്നു പൂർവമീമാംസൈനോ ഉത്തരമീമാംസൈന അവർ പറയുന്ന ആശയങ്ങളിൽ വ്യത്യാസങ്ങൾ പക്ഷെ ആ തത്വദൃഷ്ടി അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു പലർക്കും വേണ്ടി അവർ പലതരത്തിൽ വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇതൊന്നുമില്ലാത്തവൻ എഴുതി വയ്ക്കുന്ന ഭാവന അത് വായിക്കുമ്പോഴാണ് ജീവിതം സാർത്ഥമാകുന്നതെന്ന് പലരും ധരിക്കുന്നു ഏത് പുസ്തകമാണോ ആരെഴുതി എന്നും എന്നോട് ചോദിക്കരുത് എനിക്കിപ്പോ തന്നെ ശത്രുക്കൾ ഒരുപാടുണ്ട് എനിക്ക് പുതിയ ശത്രുക്കൾ ഇവിടെ ഉണ്ടാക്കരുത് യഥാ ലോക ആചരത്തിനെ ആചരുന്ന ഒരു രഥോ ആചരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ രഥമാകാം അല്ലെങ്കിൽ കാളവണ്ടിയാകാം കാളണമെങ്കിൽ പ്രയോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളയെടുക്കുന്നു രഥമാണെങ്കിൽ കുതിരയെടുക്കുന്നു അത് ഏതാണെന്നുള്ള ഒന്നും വിഷയമില്ല വണ്ടിയും കാളയും ഒന്ന് മനസ്സിലാക്കിയാൽ മതി അതിനെ കുറിച്ചാണ് ഇവിടെ ശ്രുതി പറയുന്നത് നേരത്തെ ചോദിച്ച സംശയം പരിഹരിക്കാൻ തസ്മിൻ ആചരണേ തഥാകർഷനായ വാഹനത്തിൽ ബന്ധിച്ചിരിക്കുന്നു കാളവണ്ടിയിലാണെങ്കിൽ കാളെ രഥത്തിലാണെങ്കിൽ കുതിര ഇത് നമ്മൾ കാണാറുണ്ടല്ലോ അസ്മിൻ ശരീര പഞ്ചകൃത്തി മനോബുദ്ധി സംയുക്ത പ്രജ്ഞാത്മാ വിജ്ഞാനക്രിയാ ശക്തി രീയനായ രഥസ്ഥാനീയനെന്ന് പറഞ്ഞ എന്താണോ എങ്ങനെയാണോ അശ്വത്തിനെ സംബന്ധിച്ച രഥം അതുപോലെ പ്രാണനെ സംബന്ധിച്ച രഥമായിരിക്കുന്ന ഈ ശരീരത്തിൽ അവിടെ വയ്ക്കാനൊക്കെ പറയുന്നുണ്ട് ബുദ്ധിമുട്ട് സാരഥ്യം വിദ്യ ഇങ്ങനെ നമ്മൾ പഠോഭംഷരും മറ്റും ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രീയമായ ഈ ശരീരത്തിൽ പ്രാണൻ എങ്ങനെയാണ് രഥത്തിൽ അസ്വസ്ഥയെ ബന്ധിച്ചിരിക്കുന്ന അതുപോലെ രഥസ്ഥാനീയമായ ഈ ശരീരത്തിൽ പ്രാണനെ ബന്ധിച്ചിരിക്കുന്ന പ്രാണനെന്ന് പറഞ്ഞാലോ ശബ്ദങ്ങൾക്ക് സന്ദർഭം അനുസരിച്ച് അർത്ഥങ്ങൾ എടുത്തു കൊണ്ടു ഇത് അദ്വൈതയെ സംബന്ധിച്ച് മാത്രമല്ല ശബ്ദശാസ്ത്രത്തിന്റെ നിയമമാണ് വ്യാകരണമായാലും തർക്കശാസ്ത്രമായാലും മീമാംസയായാലും മീമാംസകരാണ് ഇതിന് കൂടുതൽ വാശി പിടിക്കുന്നത് അവരുടെ ഇക്കാര്യത്തിൽ വളരെ നിർബന്ധമുള്ളവരാണ് ശബ്ദാർത്ഥങ്ങളെ ഗ്രഹിക്കുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാണ് സന്ദർഭം ആ സന്ദർഭം അനുസരിച്ചിരിക്കുന്നത് പ്രാണൻ എന്ന് പറഞ്ഞാൽ സാധാരണ പഞ്ചപ്രാണൻ എന്ന് പറയും ഇവിടെ അതല്ല ഇവിടെ പ്രാണെന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷികാരൻ അതിനെ വിശദീകരിക്കുക പഞ്ചകൃത്തിൽ ഇന്ദ്രിയ മനോബുദ്ധി ശ്രമിക്കത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ വൃത്തി വെച്ച പ്രവൃത്തി വികാരം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പഞ്ചപ്രവൃത്തികളോടുകൂടിയിരിക്കുന്ന പഞ്ചപ്രവൃത്തിയോടുകൂടിയിരിക്കുന്ന കാണുക കേൾക്കുക രുചിക്കുക സ്പർശിക്കുകാരുള്ള അഞ്ച് വൃത്തികളോടുകൂടിയിരിക്കുന്ന ഇന്ദ്രിയം പിന്നെ മനോബുദ്ധികൾ എന്നുവെച്ചാൽ അന്ധകരണം അതിനെ ചേർത്ത മനസ്സെന്നും ബുദ്ധിയെന്നും മനോബുദ്ധി സംയുക്ത പ്രജ്ഞാത്മ ജീവാത്മാ അതാണ് അവിടെ പ്രാണ അത് എങ്ങനെയുള്ളത് കേണനെടുത്താൽ പോരാ കൂടുതൽ വിശദീകരിച്ച് വ്യാഖ്യാനത്തിൽ ആനധികരി പറയുന്നത് എന്തുകൊണ്ടവിടെ ഇതെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയതൊക്കെ വായിച്ചു നോക്കുക വിജ്ഞാനക്രിയാ ശക്തി സമൂർച്ഛിതാത്മാണന്റെ രണ്ട് മുഖ്യശക്തികളുണ്ടെന്ന് വിജ്ഞാനശക്തി അതാണ് ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ പറയുന്നു ക്രിയാശക്തി ഈ സ്ഥൂല ശരീരത്തിലൂടെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതാണ് ക്രിയാശക്തി ദ്വയം ഈ രണ്ടാണ് വിജ്ഞാനശക്തിയും ക്രിയാശക്തി ഇത് രണ്ടും കൊണ്ട് സമൂച്ചിതാത്മാ സമൂർച്ഛിത സ്വഭാവം മൂർച്ഛിതമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ നമ്മൾ ധരിക്കുന്ന അർത്ഥം അതിൽ മൂർച്ഛിതനായിരിക്കുന്നു വിവേകമില്ലാതിരിക്കുന്നു എന്നർത്ഥം ബോധം കെട്ടുകിടക്കുന്നതിന് വിവേകമുണ്ടോ ഇല്ല മൂർച്ഛിതമൊന്നുമില്ല ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് വിവേകമില്ലാതിരിക്കുക വേറെതിലും ഇല്ലാതിരിക്കുക ഞാൻ നീ ഈ ബോധമില്ലാതിരിക്കുക അപ്പൊ ഈ രണ്ട് ശക്തിദ്വയങ്ങളാൽ സമൂര്തമായിരിക്കുന്നത് ഇതാണ് പ്രജ്ഞാത്മാ ജീവാത്മാ എന്ന് പറഞ്ഞാല് ജീവാത്മാവിൽ നിന്ന് ഇതിനെന്തെങ്കിലും വേർതിരിക്കാൻ പറ്റത്തില്ല വിജ്ഞാന ശക്തിയും ക്രിയാശക്തി മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയൊന്നും ഈ ജീവാത്മാവിനെ വേർതിരിക്കാൻ പറ്റത്തില്ല അത് അവിയൽ നിന്ന് കഷണങ്ങള് വേർതിരിക്കുമ്പോഴാണ് അവസാനം അവിയൽ കാണത്തില്ല വേറെ തിരിച്ചുള്ള വസ്തുല്ലാതെ എന്നാൽ ഇത് പലതും ഉണ്ട് താനും അവിടെ വിജ്ഞാത്മാവിന്റെ ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇത് സമൂർച്ഛമാണ് ഇവിടെ വിവേകമില്ല അങ്ങനെ പറയാം ഏകീഭൂതമായിരിക്കുന്നു ചിലടത്ത് പറയും അവിഭക്തമായിരിക്കുന്നു അപ്പൊ ഇതാണ് ജീവന്റെ ലക്ഷണം പറഞ്ഞിരിക്കുകയാണ് എന്താണ് പഞ്ചവൃത്തി ഇന്ദ്രിയ മനോബുദ്ധി പ്രജ്ഞാത്മ എന്ന് വെച്ചാൽ പ്രജ്ഞാസ്വരൂപമാണ് അതും ജീവനെ വിശേഷിപ്പിക്കും ജ്ഞാനസ്വരൂപമാണ് എന്നാൽ വിജ്ഞാന ക്രിയാ ശക്തി ദ്വയ സമൂർച്ഛിതാത്മാറയും എല്ലാം ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നു അതെന്താണ് അസ്മിൻ ശരീര എങ്ങനെയാണോ രഥത്തിൽ കുതിരയെ ബന്ധിച്ചിരിക്കുന്നത് അതുപോലെ ആ ജീവനെ ഈ ശരീരത്തിൽ ജീവാത്മാവിനെ ഈ ശരീരത്തിൽ ബന്ധിച്ചിരിക്കുന്നു ആര് ബന്ധിച്ചു ഈശ്വരൻ ബന്ധിച്ചു എന്നി പറയും എന്തിനു ബന്ധിച്ചു സ്വകർമ്മഫല ഉപഭോഗ നിമിത്തം അവനവന്റെ ഓരോ ജീവന്റെയും കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നതിനു വേണ്ടി ഈ ശരീരമാകുന്ന രഥത്തിൽ ഈ ജീവനാകുന്ന കുതിരയെ ഈശ്വരൻ പെട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് പറഞ്ഞു വരുന്നതിന് വേണ്ടി ഈ അക്ഷി പുരുഷൻ എന്ന് എന്തിനു പറഞ്ഞു അതിന് സമാധാനമായിട്ട് പറയുകയാണ് തുടർന്ന് വിശദീകരിക്കുന്നു